Om hamsah satyam eva jayati ശേഷ ഭാഗവി വാരണി വിദ്യ ईशार्धार्गवे भृगुनाभिद्ददा वरुणो तोरक्ता वरुणे विद्या परमे विमुन हृदयो गस्सुकायम परमे आनन्दि अद्वितीय प्रतिष्ठितः परिस्मो दन्नमयो दा दत्मनोदि प्रवर्तः इवले चरसेद भृगु धृचू वरुणनम उद्देशिचू वरुणी विद्या അതുകൊണ്ട് തന്നെ വരുണീ വിദ്യണ്ട് ഭ്രഹിച്ചതുകൊണ്ട് ഭാഗവിയെ അന്നമയതിയിൽ തുടങ്ങി ആനന്ദത്തിൽ അവസാനിച്ചു അന്യവി തപസ്ത്രമേണ അനുപ്രവിശ്യ ആനന്ദം ബ്രഹ്മേദ മറ്റുള്ളവരും ഈ വിദ്യയെ തപസ്സിലൂടെ ഗ്രഹിക്കണം നിർദ്ദേശ രീതിയിൽ ഉള്ള തപസ്റ്റം ഫലം തസ്വിച്ചത് ഇനി ബാഹ്യഫലത്തെ കുറിച്ച് പറയുന്നു എന്താണ് അന്നവാൻ പ്രഭൂതമെന്ന് മത്സ്യമാൻ ആത്മവിദ്യ കൊണ്ട് ബാഹ്യമായും ഫലമുണ്ട് അന്നു സതൃസീ അന്നി വിദ്യശേഷോ അന്നമദിത് അന്നു ദീപനിർഭവതി പ്രഭൂതമന്ന മത്സ്യവിദ്യതയെന്ന് പറഞ്ഞു എന്താ ആത്മവിദ്യ കൊണ്ട് ഒരുവന് അന്നം കിട്ടും എന്ന് പറഞ്ഞാൽ എന്താ വിശേഷം അവിടെ പറയുന്നു അന്നം എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ വ്യാഖ്യാനത്തിൽ സുഗരാതി ശുതി നാക്കിയും പന്നിക്കും എല്ലാം അന്നം കിട്ടും ആത്മവിദ്യയുടെ ആവശ്യം അതെന്താ ആത്മവിദ്യവന് ഒരു വിശേഷമായി പറഞ്ഞാൽ പറയുന്നു പ്രഭൂതമെന്ന മത്സ്യവിദ്യതെ ബ്രഹ്മവിദോ ജീവൻ മുക്തദേശവതാ ദ്ശി അനുപന്നം തും സാക്ഷാത് അനുഭവാനുഗ്രഹം കൊണ്ട് ഒരാജ്ഞനായാലും ശരി അവൻ അണ്ണാദികളെല്ലാം ലഭിക്കുന്നു ആത്മജ്ഞാനിയുടെ കാര്യം പറയാനുണ്ട് അതായത് ആത്മജ്ഞാനം അങ്ങനെ നമുക്കൊരു സങ്കല്പമുണ്ട് അതായത് ഭൗതികമായ ലൗകികമായ വ്യവഹാരങ്ങൾ ആ വ്യവഹാരങ്ങളെല്ലാം ആത്മജ്ഞാനം വന്നു അതെല്ലാം ചിഹ്ന ഭിന്നമായി പോകും അല്ലെങ്കിൽ അതെല്ലാം അവ്യവസ്ഥിതമായി സാധാരണ മനുഷ്യനെ പോലെ ആയിരിക്കില്ല ആത്മജ്ഞാനി വ്യവഹരിക്കുന്നത് അത് അങ്ങനെ സംഭവിക്കാം അസാധാരണമായുള്ള വ്യവഹാരങ്ങളും മറ്റും കാണാം അതെല്ലാം ആത്മജ്ഞാനവും അതുമായിട്ട് ബന്ധമൊന്നുമില്ല അതുപോലെ യോഗാഭ്യാസങ്ങളോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ചിലപ്പോൾ സംഭവിക്കാം യോഗാഭ്യാസം എല്ലാം ചെയ്തു മനസ്സെല്ലാം ചില പ്രത്യേക അവസ്ഥയിൽ ആയിക്കഴിഞ്ഞാൽ ലോകവ്യവഹാരത്തിൽ ഭൗതിക വ്യവഹാരത്തിൽ അസ്വാഭാവികതയൊക്കെ കാണും അങ്ങനെ പലരെയും കാണാറുണ്ടല്ലോ അത് യോഗത്തിൻ്റെ ഫലമാണ് സമാധി പോലെയുള്ള അഭ്യാസങ്ങൾ ശീലിക്കുന്നതിൻ്റെ ഫലമായിട്ട് അങ്ങനെ വരാം ചിലർ കണ്ണടച്ചിരിക്കും കണ്ണു തുറക്കത്തില്ല ചില ഇരിക്കും എഴുന്നേക്കത്തില്ല ഇങ്ങനെയൊക്കെയുള്ള വിചിത്രമായ സാധാരണ ലോക രീതിയിലല്ലാതെ അവരൊക്കെ ആൾക്കാർ സിദ്ധന്മാരായി കരുതുകയും പൂജിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അസാധാരണമായ വ്യവഹാരങ്ങൾ ഇവിടെ പറയുന്നു അതല്ല ഇവിടെ മാറ്റം വരില്ല അത് സൂചിപ്പിക്കണമെന്ന് ഇവിടെ അന്നത്തിൻ്റെ കാര്യം പറയുന്നത് ഇവിടെ ഇപ്പോൾ അന്നത്തി എന്ന് പറയുന്നൊരു മുഖ്യ വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അന്നമൈകോശം അന്നീവല്യമാൻ ഭൂതാന് ജായന്തി അവിടെ വന്നു വീണ്ടും ഇനി അന്നത്തെ കുറിച്ച് പറയുന്നു അന്ന ഉപാസനയെ കുറിച്ച് പറയുന്നു ഇപ്പോൾ വ്യവഹാരത്തിൽ ഒരു മുഖ്യമായ ഉപായം അന്നമാണ് അന്നപാനാദി വ്യവഹാരങ്ങളിലൊന്നും മാറ്റം വരുന്നില്ല ലൗകിക വ്യവഹാരം പഴയപടി തന്നെയാണ് ചിലര് സംസാരിക്കത്തില്ല അങ്ങനെയുണ്ട് സംസാരിച്ചാൽ തന്നെ വ്യക്തമായി മനസ്സിലാകത്തില്ല ചിലർക്ക് ചലിക്കാൻ കഴിയത്തില്ല ഇതൊക്കെ പലപ്പോഴും പല രോഗങ്ങളുടെയും ഫലമായിട്ടും വരും ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു അതിനെ ആൾക്കാർ പോയിട്ട് ആധ്യാത്മിക സിദ്ധി എന്ന് പറഞ്ഞ് മടങ്ങാറുണ്ട് അതബദ്ധം പിന്നെ യോഗികളും അങ്ങനെ സംഭവിച്ചുകൂടാകയില്ല യോഗാഭ്യാസം കൊണ്ട് ഇവിടെ പറയുന്നു അന്നമത്തി അന്നാദോ ദീപ്താഗ്നിർഭവതി അവന്റെ ഒരു കുഴപ്പം ബലത്തിലും നല്ലവണ്ണം ഭക്ഷണം കഴിക്കും അതൊന്നും ഭക്ഷണം കഴിക്കാതിരിക്കുന്നു അതിനടയാളമായിട്ടെടുക്കുന്നിടത്താണ് ഒരാളങ്ങനെ സംഭവിച്ചുകൂടായികയില്ല എന്തെങ്കിലും അഭ്യാസങ്ങൾ സ്വീകരിച്ചു പക്ഷെ അതുകൊണ്ട് ഒരാളെ അപ്പോ ഒരു സിദ്ധൻ ഭക്ഷണം കഴിക്കത്തില്ല ചായ മാത്രമേ കഴിക്കത്തുള്ളു വീടിയും മലിക്കും അപ്പോ അത് അത് മാത്രം കൊണ്ട് അയാൾ സിദ്ധനായി വാസ്തവത്തിന്റെ ആൾക്കാർ ആൾസറിന്റെ അസുഖം ഉണ്ടായാൽ ഭക്ഷണം കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ഒഴിവാക്കാൻ വേണ്ടി ചായയും പീടിയുമായി മാറിയത് ക്രമേണ അതിന്റെ പേരിലായ സിദ്ധനായിത്തീർന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ പറയുന്നു ഇല്ല ആത്മജ്ഞാനത്തിന്റെ അടയാണ് ആൾസർ അല്ല ദീപ്താഗിനത്ഭവതി നല്ല വിശപ്പുണ്ടായിരിക്കും മഹാൻ ഭവതി മഹത്വം അവർക്ക് ഇന്നതായിരിക്കണമെന്നില്ല ഞാൻ ഇന്ന അടയാളത്തിൽ തിരിച്ചറിയാൻ പറ്റാതെ സന്യാസിയാണ് അല്ലെങ്കിൽ ഗ്രഹസ്ഥനാണ് അങ്ങനെയൊന്നും വേർതിരിക്കാൻ ആശ്രമത്തിൽ വേർതിരിക്കാൻ മതി ബ്രഹ്മചാരിയാണ് വാനപ്രസ്ഥനാണ് അതൊന്നും പറ്റില്ല പ്രജയ പുത്രാധിന പശുഭിർ ഗവാശ്വാതിഭിർ ബ്രഹ്മവർച്ചസേന സമ ാദി നിമിത്തേന തേജസ മഹാൻ ഭൗതി പിന്നെ ഭൗതികമായി എങ്ങനെയായിരിക്കാം സമ്പത്തുണ്ടായിരിക്കാം പ്രജാതി പുത്ര ഗൃഹസ്ഥനാണെങ്കിൽ പുത്രനും മറ്റും ഉണ്ടാവാം സന്യാസി ആണെങ്കിൽ വശമധമാതി അതുകൊണ്ടായിരിക്കാം പശുഫീർ ഗവാശവാദി ദോഷവും ഗൃഹസ്ഥനാണെങ്കിൽ സമ്പത്ത് ബ്രഹ്മവർച്ചന് ആ ബ്രഹ്മജ്ഞാനം കൊണ്ടുവരുന്ന അയാളുടെ തേജസ് ശമധമ ജ്ഞാനാദി നിമിത്തേന തേജസ്സ സന്യാസിയാണെങ്കിൽ ശമദമാദികളങ്ങനെ ഗൃഹസ്ഥനാണെങ്കിലോ അങ്ങനെ ഏതു തരത്തിലായാലും എന്താണോ മഹാൻ ഭൂതി കീർത്തിയ ശുഭപ്രചാര നിമിത്ത നിമിത്തയാ അയാൾ കീർത്തിമാനായിരിക്കുന്നു അയാളുടെ വിദ്യ പ്രചരിക്കുന്നത് കൊണ്ട് വിദ്യയുടെ പ്രചാരം കൊണ്ട് വിദ്യയിലൂടെ അയാൾ കീർത്തിമാനാവുന്നു അയാൾ ധരിച്ച വിദ്യയെ ഉപദേശിക്കുന്നു അങ്ങനെയാണ് അയാളുടെ കീർത്തി അതൊരു ഭൃഗു വരണനിൽ നിന്നു വിദ്യ സ്വീകരിച്ചു ഭരണനാ വിദ്യ ഉപദേശിച്ചു അത് ആ രീതിയിൽ ആ വിദ്യാസമ്പ്രദായത്തിലൂടെ അയാൾ കീർത്തിയുള്ളവനായിരിക്കുന്നു വിദ്യാസമ്പ്രദായത്തിലാണ് ആ കീർത്തി ലോകത്തിൽ കീർത്തി പലതരത്തിലുള്ള ആ ൂടെ ഉദ്ദേശിക്കുന്നു പിന്നെ ലോകത്തിൽ കീർത്തി കേട്ടവർ രാജാക്കന്മാരും കലാകാരന്മാർ പലരും ഉണ്ട് കീർത്തി അത്തരത്തിലുള്ള കീർത്തിയല്ല കൂടെ ഉദ്ദേശിക്കുന്നു ഒരുപാട് പേര് അറിയുന്ന കീർത്തിയല്ല ആത്മവിദ്യ സംബന്ധിച്ചെന്താണ് കീർത്തി എന്ന് പറയുന്നത് ആ ബ്രഹ്മവിദ്യാസമ്പ്രദായ്മസമ്പ്രദായത്തിൽ ആ ബ്രഹ്മവിദ്യയിലൂടെ അയാൾ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് കീർത്തി ആത്മജ്ഞാനത്തെ ഉപദേശിക്കുന്നു അതറിയുന്നു ആത്മജ്ഞാനത്തെ ഉപദേശിക്കുന്നു ഭരണൻ ആ ആത്മവിദ്യ സമ്പ്രദായത്തിലൂടെ ഇന്നും അറിയപ്പെടുന്നു എല്ലാവരും അറിയുന്നു ലോകം മുഴുവൻ ഭരണനെ അറിയുന്നു പക്ഷേ ആരാണോ ആത്മവിദ്യയ്ക്ക് വേണ്ടി മനുഷ്യത്തിനെ സമീപിക്കുന്നത് അവരറിയുന്നു വരുണൻ എന്ന് പറയുന്ന ഒരാചാര്യനുണ്ടായിരുന്നു അത് വിദ്യാ പാരമ്പര്യത്തിലൂടെയുള്ള കീർത്തി അറിയുന്നു എന്നുള്ളതല്ല ആത്മബോധം കൊണ്ട് ലോകം അറിയണമെന്നില്ല ശങ്കരാചാര്യ ലോകം അറിയുന്നുണ്ട് അങ്ങനെ സംഭവിക്കാം അതും എങ്ങനെ ആത്മവിദ്യാ സമ്പ്രദായത്തിലുള്ള കീർത്തിയിലൂടെയാണ് ഇതെല്ലാം അതിൻ്റെ ഭൗതികമായ ഫലങ്ങൾ ഭൗതികമായും ഇതിന് ഫലമുണ്ട് ഭൗതികമായ സമ്പത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തോ ഇത് ബാധിക്കുന്നില്ല അത് അവരുടെ അവസ്ഥക്കനുസരിച്ച് എല്ലാം പറയുന്നു സന്യാസിയാണെങ്കിൽ ശമതമാതി ഗൃഹസ്ഥനാണെങ്കിൽ പ്രജാപുത്രാണെങ്കിൽ അതിനൊന്നും ഒരു മാറ്റവും വരുന്നില്ല അങ്ങനതിന്റെ ഫലം പറഞ്ഞ അവസാനം ശേഷ ഭാർഗവി വരുണി വിദ്യ പരമേവ് വ്യോമൻ പ്രതിഷ്ഠിത തിഷവാൻ അന്നൂതിർസേ ഇനിയാണ് തുസനെ കുറിച്ച് പറയുന്നു അന്നം ശരീരമന്ന തിന്ദ്ദ പ്രതിഷിതം വേദ പ്രതിന്വാൻ അതി മതി ശുപര ബ്രഹ്മപരം അന്നമൊരുപായമായിട്ട് നിർദ്ദേശിച്ചു നേരത്തെ അന്നത്തിന് പല അർത്ഥമുണ്ട് ഭക്ഷണം വരെ വളർന്നു നേരത്തെ പറഞ്ഞ അന്നറ വിരാട്ടാണ് ഓ ഏത് തരത്തിലായാലും ശരി ഇതെല്ലാം ഒന്നിനോട് ഒന്ന് ചേർന്നേക്കുന്നു ഒരു ജീവൻ അത് ഭക്ഷിക്കുമ്പോൾ അന്നം അത് വളരെ പരിച്ഛന്നമായി അന്നത്തെ പറയുമ്പോൾ എന്താണ് അതും ഭക്ഷണത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു കുറച്ചുകൂടെ വ്യക്തവും മഹത്വമായി നീ അന്നത്തെ തന്നെ പറയുന്നൊരു വിരാട് എന്ന് പറഞ്ഞു ഈ കാണുന്ന സർവ്വവും അന്നം ഇത് ദ്വാരഭൂതേന ഉപായമാണ് ഏത് തരത്തിലായാലും ജ്ഞാനത്തിനായാലും ശരി ഉപാസനക്കായാലും ശരി അന്നത്തിന് പ്രാധാന്യമുണ്ട് ബ്രഹ്മവിജ്ഞാതം അതിലൂടെ ബ്രഹ്മത്തെ അറിഞ്ഞു യസ്മ തസ്മ അതുകൊണ്ട് ഗുരുമിവ ഇത് ആത്മജ്ഞാനം കാര്യങ്ങൾക്ക് ഉപകരിച്ചതാണ് ഭക്ഷണമായിട്ടായാലും ശരീരമായിട്ടായാലും ഈ വിരാട് ശരി അതുകൊണ്ട് ഗുരുവിനെ എന്നതുപോലെ തന്നെ അന്നിന്യർ അന്നത്തെ നിന്ദിക്കരുത് തദ്ശ്യവം ബ്രഹ്മ വിദോ വ്രതം ഉപദേശത്തെ ബ്രഹ്മോപാസകൻ എന്റെ വ്രതം ആയിട്ട് പറയുന്നത് നിയമമായിട്ട് പറയുക ഇതുപാസനെന്ന് പറയും അന്നത്തെ നിന്ദിക്കരുത് ഇപ്പൊ ബ്രഹ്മജ്ഞാനിക്ക് പ്രത്യേകിച്ച് ഉപദേശത്തിന്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ ബ്രഹ്മവിത്ത് എന്ന് പറഞ്ഞുകൂടെ ഉപദേശിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഇവിടെ പറയുന്നു സാധകസേ അനുഷ്ഠാനം സാധകന്മാരുടെ അനുഷ്ഠാനത്തിന് വേണ്ടിയിട്ടാണോ സാധകന്മാരുടെ അനുഷ്ഠാനത്തിന് വേണ്ടി അതിവിടെ പറയുകയാണ് ഒരു ബ്രദമായിട്ട് സാധകന്മാർ അന്നത്തെ നിന്ദിക്കരുത് അന്നത്തെ നിന്ദിക്കരുതെന്ന് പറഞ്ഞാൽ സ്പഷ്ടമാണ് ഭക്ഷണം നല്ലവണ്ണം കഴിക്കണം അതാണ് അല്ലാതാരെ അന്നത്തെ നിന്ദിക്കാൻ പോകും അന്നത്തിനോട് ആരെങ്കിലും നിന്ദവാക്കു പറയാതെ ഒന്നും പിന്നല്ല ഭക്ഷണം നല്ലോണം കഴിക്കണം പിത്തം പിടിച്ചതുപോലെ ഇരിക്കാൻ പാടില്ല ഭക്ഷണം കഴിക്കാതിരുന്നാൽ പെട്ടെന്ന് ഭ്രമത്തെ പ്രാപിക്കാം എന്ന് പറയുന്ന കാര്യമുണ്ട് ഭക്ഷണം കഴിക്കാതിരുന്നാൽ പെട്ടെന്ന് നിഹലോകവാസം പഠിക്കാം അത്രയും പറ്റും അല്ലാതെ ബ്രഹ്മജ്ഞാനൊന്നും ഉണ്ടാകാറില്ല പറഞ്ഞപോലെ എന്തെങ്കിലും രോഗമുള്ളവരാണെങ്കിൽ കുറേശ് കഴിക്കുക ആരോഗ്യം നല്ലവണ്ണം കഴിക്കുക അതെല്ലാം ഇതിൽ ചർച്ച ചെയ്തതാണ് അന്നെന്തിക്കേണ്ടെന്നല്ല എന്തെങ്കിലും തകരാറുള്ളവരും ഭക്ഷണം സൂക്ഷിച്ചു കഴിക്കുക അതുകൊണ്ട് അന്നത്തെ നിന്ദിക്കരുത് പറയുന്ന സാധകന്റെ അനുഷ്ഠാനത്തിന് വേണ്ടി ഇവിടെ പറഞ്ഞിരിക്കുകയാണ് വൃത്തോപദേശം അന്നസ്തുതയെ അന്നസ്തുതിക്കുകയാണ് സ്തുതി ഭക്തം ജാനസ്യ ബ്രഹ്മ ഉപലബ്ധി ഉപായോ ഈ അന്നത്തെ സ്തുതിക്കുന്നു അത് ബ്രഹ്മ ഉപലബ്ധിക്കുപായമാണ് ഭക്ഷ്യകാരൻ വരുന്ന സ്ഥലത്തും എടുത്ത് പറയും അന്നത്തെ നിഷേധിക്കരുത് വിദേ ശരീരത്തെ ഉപദ്രവിക്കരുത് അന്നത്തെ നിഷേധിച്ചാലത് ശരീരത്തെ ഉപദ്രവിക്കുന്നതാണ് ഭക്ഷ്യകാരൻ പറയും ധാതുവൈഷമ്യം രോഗം പിടിപെടും അത് ഞാനും അല്ല രോഗത്തെ ഉണ്ടാക്കും അതുകൊണ്ട് അന്നത്തിൽ ഉപേക്ഷ വിചാരിക്കരുത് അത് നല്ല ഭക്ഷണം കഴിക്കും സാത്വികമായ ഭക്ഷണം കഴിക്കണം എല്ലാ ദിവസവും നല്ല നെയ്യും എല്ലാം ചേർത്ത് ഭക്ഷണം കഴിക്കണം ആരോഗ്യത്തിന് പറ്റിയ രീതിയിൽ വടക്കേന്ത്യയിലൊക്കെ എങ്ങനെയാണ് നെയ്യൊക്കെ ചേർത്ത് നല്ല ഭക്ഷണം അവിടെ സാമിമാരൊക്കെ കഴിക്കുന്നു ഭക്ഷണത്തിൽ ഇതുകൊണ്ടാണ് അന്നിന്ത്യാ അന്നത്തെ ആദരിക്കുന്നു അന്നത്തെ ആദരിക്കുന്നത് കഴിച്ചുകൊണ്ടാണ് അന്നത്തെ ആദരിക്കുന്നത് പൂജിക്കാൻ പറ്റും പറ്റത്തില്ല അതൊന്നുകൂടി പറയുന്നു എന്താ അന്നത്തിനത്രയും പ്രാധാന്യം ഒന്ന് പ്രാണോ അന്നം ശരീരാന്തർഭവാ പ്രാണസ്യം ഈ പ്രാണൻ അന്നത്തെ ആശ്രയിച്ചല്ലേ ഇരിക്കുന്നു സന്തോഷത്തിനുദാഹരണത്തിനുള്ളത് തെളിയി ഭക്ഷണം ശരിക്ക് കഴിച്ചാൽ പ്രാണൻ ശരിക്ക് പ്രവർത്തിക്കും ഭക്ഷണം കഴിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ പ്രാണം ക്ഷീണിക്കുന്നു ശരീരം ക്ഷീണിക്കുന്നു മനസ്സ് ക്ഷീണിക്കുന്നു സ്മൃതിയെ ബാധിക്കുന്നു പിന്നെ അവിടെ ബ്രഹ്മജ്ഞാനവും ഇല്ല രണ്ടൊന്നു ദിവസം പട്ടിണി കിടന്നു കഴിഞ്ഞാൽ അതുകൂടി ബ്രഹ്മജ്ഞാനം തീർന്നു ശ്രവണവും മനനവും ഒന്നുമില്ല പ്രാണോവ അനം എന്നത് അത് ശബ്ദവും സാത്വികവുമായിരിക്കണമെന്ന് മാത്രമേ ഗീത പറഞ്ഞിട്ടുള്ളൂ ഉപേക്ഷിക്കാൻ പറഞ്ഞില്ല കർഷന്ത ശരീരസ്ഥം ഭംസിൻ വിദ്യാസുര നിശ്ചയാനും ഭക്ഷണം ഒന്നിശ്ശേരിക്ക ശരീരത്തേക്ക് പീഡിപ്പിക്കുന്നത് അത് എന്നെ പീഡിപ്പിക്കുന്നതിന് സമമാണ് എന്തുകൊണ്ട് ശരീര അന്തർഭാ പ്രാണസ്യം ഈ പ്രാണനെ നിലനിർത്തുന്നത് ശരീര അന്തർഭാവത്തിൽ ഈ അന്നമാണ് അതുകൊണ്ടല്ലേ പ്രാണന് ഉപയോഗിച്ച അഭ്യാസങ്ങളൊക്കെ ചെയ്യുന്നവരും നല്ല ഭക്ഷണം വളരെ സാത്വികമായ വളരെ പൗഷ്ടികമായ ശരീരത്തിനും പ്രാണനുമൊക്കെ ബലം കൊടുക്കുന്നു നല്ല ഭക്ഷണം കഴിച്ചാലേ യോഗവും മറ്റും സാധ്യമാകും അവിടെ അമിത ഭക്ഷണത്തെ നിഷേധിക്കുന്നത് അല്ലെങ്കിൽ രാജസാമസ ഭക്ഷണങ്ങളെ നിഷേധിക്കുന്നു ഭക്ഷണത്തെ നിഷേധിക്കുന്നിടത്തെല്ലാം അതിനെയാണ് രാജസ താമസ ഭക്ഷണം നിഷേധിക്കും പക്ഷെ സാത്വികമായ ഭക്ഷണം അതിന് നിഷേധിക്കുന്നില്ല ആയുർവൈകൃതം പറയും ആയുസം എന്ന് പറയുന്നത് നെയ്യാണ് ധാരാളം കഴിക്കണം കൊളസ്ട്രോൾ വേണ്ട ബാക്കിയുള്ളവരുടെ അതൊക്കെ ശരിക്ക് തിഷ്ഠിതം തത്തസ്യ അന്നം ഈ ശരീരത്തിന്റെ അന്നമാണ് പ്രാണൻ എന്തുകൊണ്ടത് അതിൻ്റെ ഉള്ളിലാണ് ശരീര പ്രാണപ്രതിഷ്ഠിതം തസ്മാരിച്ചും പറയാം ശരീരത്തിലാണോ പ്രാണം ഇരിക്കുന്നത് പ്രാണെ അന്നം ശരീരം അന്നാദം യഥാ ശരീരമൊക്കെ അന്നം പ്രാണോ അന്നാദ ശരീരമന്നമാണ്ണൻ അന്നാദനായി അസ്മാത് പ്രാണെ ശരീരം പ്രദിഷി പ്രാണത്തിൽ ശരീരം ഇരിക്കുന്നു ശരീരത്തിൽ പ്രാണമെന്നിടിക്കുന്നു എന്നെല്ലാം പറഞ്ഞാൽ താണു ഇത് പരസ്പര ബന്ധമായിരിക്കുന്നു ഒന്നൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നു തൻ നിമിത്തത്വ ശരീരസ്ഥിതേ ശരീരസ്ഥിതി പ്രാണനിമിത്തമാണ് പ്രാണന്റെ സ്ഥിതി ശരീരത്തെ ആശ്രയിച്ചിട്ടാണ് അതുകൊണ്ട് ഇതിന്റെ പരസ്പര ബന്ധം ഇങ്ങനെ ദൃഢമായിരിക്കുന്നുണ്ട് തസ്മാത് ഏത് തതുഭയം ശരീരം പ്രാണ അന്നം അന്നാദ അതുകൊണ്ട് ഇതിന് രണ്ടിനും ശ്രദ്ധിച്ചു പറയുന്നു രണ്ടും അന്നമാണ് രണ്ടും അന്നാദനാണ് ഏൻ അന്യോന്യസ്മിൻ പ്രതിഷ്ഠിതം ഇത് പരസ്പരം പ്രതിഷ്ഠിതെന്ന് വച്ചാൽ പരസ്പരം ആശ്രിതം ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നു തേന അന്നം ഏൻ അന്യോന്യ പ്രതിഷ്ഠിതേന അന്നാദ അത് പരസ്പരം ആശ്രയിക്കുന്നു പരസ്പരം ഒന്നും മറ്റൊന്നിന്റെ ആധാരമാണ് മറ്റൊന്നിന് ഒന്നെ ആശ്രയിക്കുന്നു അതുകൊണ്ട് തന്നെ അന്നമൊന്നും അന്നാദനെന്നും പറയുന്നു തസ്മാശരീരം ഉഭയം അന്നം അന്നാദം ച രണ്ടും അന്നവുമാണ് അന്നാദവുമാണ് ഒന്നിനെ ആശ്രയിക്കാതെ മറ്റൊന്നിനും നിലനിൽപ്പില്ല ഒന്നും മറ്റൊന്നിന്റെ ഇരിപ്പിടമാണ് ആശ്രയമാണ് ശരീരം വേണമല്ല ്രഹ്മജ്ഞാനത്തിനായും ശരീരം വേണം ശരീരത്തെ വിട്ടൊരു ജ്ഞാനമില്ല അതുകൊണ്ട് അന്നം കഴിക്കണം നമ്മള് ചിലർക്ക് തോന്നും ഈ അന്നത്തെ അങ്ങനെ പറയുമ്പോ വ്രതങ്ങളും മറ്റു ശാസ്ത്രങ്ങളിൽ പറയുന്നതും ഭക്ഷണത്തെ മറ്റും ഉപേക്ഷിച്ചുകൊണ്ടല്ലോ അതെല്ലാം ചെയ്യാറുണ്ടല്ലോ ആൾക്കാർ ഇപ്പോൾ അവിടെ അത് അന്നത്തിൻ്റെ ആകത്തിൻ്റെ വ്രതങ്ങളെല്ലാം പാപ പരിഹാരാർത്ഥമാണ് അത് ഒരുപാട് അന്നം കഴിച്ചതിൻ്റെ പാപം ആവശ്യത്തിൽ കൂടുതലായാലും ദോഷമാണ് അപ്പോൾ ആവശ്യത്തിൽ കൂടുതലൊക്കെ ആയി കഴിഞ്ഞാൽ അത് മനസ്സിനെയും ശരീരത്തിനെയും ഇന്ദ്രിയങ്ങളെയൊക്കെ ദൂഷിപ്പിക്കും അപ്പോൾ പാപപ്രവൃത്തികളേർപ്പെടും അപ്പോൾ അതിന്റെ പരിഹാരമായിട്ട് വ്രതങ്ങൾ വ്രതങ്ങളും മറ്റും ഉപദേശിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ദോഷമില്ല അതൊന്ന് ബാലൻസ് ചെയ്യും പണ്ട് ഒരുപാട് കഴിച്ച് ഇപ്പോൾ കുറച്ച് ദിവസം കഴിക്കുന്നില്ല അത് നല്ലതാണ് അവിടെയൊന്നും അല്ല നിണ്ടല്ല പാപം വന്നാൽ പ്രായശ്ചത്തം ചെയ്തല്ലേ പറ്റും അത് പാപ പ്രായശ്ശത്തോളം നിലയ്ക്ക് ആണ് വ്രതങ്ങളും മറ്റും നിർദ്ദേശിച്ചിരിക്കുന്നത് സാമാന്യമായ രീതിയിൽ പാപമൊന്നും അത്തരം വ്രതങ്ങളുടെയൊന്നും ആവശ്യമില്ല പാപം ഉണ്ടെങ്കിൽ അതൊക്കെ ആവശ്യമാണ് അതുകൊണ്ട് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി പറയണം അതങ്ങനെ പറയുന്നത് ഇവിടെ ഇതുവരെ പറഞ്ഞെന്താണോ ആത്മാവ് സത്യം ഇതൊക്കെ കല്പിതമാണ് എന്ന് പറഞ്ഞാൽ കല്പിതമെന്ന് പറയുമ്പോൾ അത് പരമാർത്ഥത്തെ പറയാണ് വ്യാവഹാരികമായിട്ട് വ്യവഹാരികമായിട്ടിതെല്ലാം പറഞ്ഞുള്ളതാണോ അപ്പോൾ ഒരു ആധ്യാത്മിക സാധന എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതിനൊക്കെ സ്വീകരിക്കണം അതിന് വിരോധമായിട്ടുള്ളതെന്നും സ്വീകരിക്കണം ആവശ്യമുള്ള സ്വീകരിക്കണമെന്നും സാത്വികമായ അന്നം അത് ആവശ്യമുള്ളതാണത് സ്വീകരിക്കണം രാജസത്താമസമായ അന്നങ്ങൾ ഉപേക്ഷിക്കണം എങ്ങനെയാണോ സുരാപാലം ും വിധിച്ചിരിക്കുന്നത് ഇതെല്ലാം മനസിലാക്കിക്കൊണ്ടാണ് അതെല്ലാം ആവശ്യമുള്ളത് കൊണ്ടാണ് ഓർമ്മിപ്പിക്കാൻ വേണ്ടി തരുന്നത് അന്നേ പ്രതിഷ്ഠിതം ഏതാ പ്രതിഷ്ഠാത്മനായവ അന്നവാന് അന്നാദോ ഭൗതി ഇത്യാദി കുറവ് ഇതൊരുപാസന കൂടിയാണ് ഒരു ഉപാസന എന്നുള്ള രീതിയിൽ സ്വീകരിക്കുന്നു ഉപാസന ധ്യാനം ഭാവന വൈദികമായ ഉപാസനകളെല്ലാം ഇങ്ങനെയാണ് വൈദിക ഉപാസന എന്ന് പറയുമ്പോൾ വൈദികന്മാർ അർത്ഥബോധത്തോടു കൂടി ഈ മന്ത്രത്തെ ആവർത്തിക്കുന്നു അതാണ് വൈദിക ഉപാസന എന്തായാലും വേദം ചെറുണമാണ് സ്വാധ്യായം എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റില്ല സ്വാധ്യായം എന്നുള്ള നിലയ്ക്ക് അർത്ഥം അറിഞ്ഞത് ചെല്ലുമ്പോൾ അത് ഉപാസന അത് സ്വാധ്യായമല്ലാത്ത സമയത്തും അർത്ഥം ധരിച്ചിരിക്കുകയാണ് സ്വാധ്യായത്തിൽ നിന്ന് തന്നെ അർത്ഥം അന്ന വൃത്തം എന്താണോ അത് ജീവിതത്തിന് മറ്റു സമയത്തും അത് ഓർമ്മിച്ച് അത് പാലിക്കുന്നു അപ്പോൾ അത് അന്നവ്രദമായി അതുപാസനയായി വൈദികനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ധാരാളം ഉപാസനകൾ ഒന്നല്ല പല ഉപാസനകൾ ഏത് വേഗം വിവേദാഗമാണോ അധ്യയനം ചെയ്യുന്നുള്ളത് അവിടെയെല്ലാം ധാരാളം ഉപാസനകൾ വരും ഇതെല്ലാം സ്വാധ്യായത്തിൽ ഇതെല്ലാം ഉൾപ്പെടുന്നു അതെല്ലാം സ്വാധ്യായ ശേഷവും അതെല്ലാം സ്മരിക്കുന്നു അതിനനുസരിച്ച് ജീവിക്കുന്നു അങ്ങനെ ഉപാസിക്കുന്നുവൻ വേദ എന്ന് പറഞ്ഞാൽ ഉപാസിക്കുന്നുവൻ പ്രതിഷ്ഠത്തി അവൻ അന്ന അന്നാദഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു പ്രാണശരീരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ന ഫലം പറയുന്നത് ദീർഘായു എല്ലാവരും പ്രാണശരീരഭാവത്തിലാണ് ഇരിക്കുന്നത് പക്ഷെ ഇതിന് പ്രയോജനം എന്താണ് ചിരം ദൃഷ്ടതി ജീവതി ദീർഘായുസായിരിക്കുന്നു അറിയാമല്ലോ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ആയുസ് നഷ്ടപ്പെടും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഇരുന്നുള്ള ആയുസ് കൂടും അങ്ങനെ ചിരം ദൃഷ്ടതി ജീവതി അതാണ് എന്റെ ഫലം പറഞ്ഞിരിക്കുന്നത് പ്രതിഷ്ഠതി അന്ന അന്നാദാത്മനായ വകിഞ്ച അന്നാധുഭോധി പറഞ്ഞ ഫലങ്ങളും ഉണ്ടാവുന്നു അവൻ അന്നക്കിന് കുറവ് അന്നാദനായി തീരുന്നു അവൻ കീർത്തിമാനാകുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നു അവന്റെ സദാചരണം കൊണ്ടുള്ള അവനുണ്ടാവുന്നു അന്ന പരിചക്ഷീത തദ്വ്രതം ആപോവാദം അപസജ്യോതിഷിതം ജ്യോതിരാവ പ്രതിഷിത് അനമതിന്നോഭി ശുഭീ ബ്രഹ്മവർച്ചു ഭക്ഷണം എന്നുള്ള അർത്ഥവും പഞ്ചഭൂതങ്ങളും എന്നുള്ള അർത്ഥമുണ്ട് വിരാട് വരെയുള്ള അർത്ഥമുണ്ട് ആ എല്ലാ അർത്ഥത്തെയും കണക്കിലെടുത്തുകൊണ്ടാണ് പറയുന്നത് അന്നംചക്ഷീതരേത് തദ്വൃതം നേരത്തെ പറഞ്ഞു അന്നംചീതരിഹരേ അത് അതിന്റെ കൂട്ടം അന്നത്തെ നിന്ദിക്കരുത് ഒന്ന് അത് നമ്മൾ സാധാരണ അർത്ഥത്തിന് കൊടുക്ക അന്നത്തെ നിന്ദിക്കുക പറഞ്ഞാൽ അന്നത്തെ ശരിയായ രീതി ഉപയോഗിക്കാതിരിക്കുക അശ്രദ്ധയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യുക ഇതെല്ലാം അന്ന നിന്തയിൽ അതിനെ വെറുതെ കളയുക അതെല്ലാം അതിനെ ഒഴിവാക്കരുത് ഭക്ഷണം കഴിക്കാനുള്ളതാണോ അതിന് മറ്റൊരു തരത്തിലും വ്യർത്ഥമാക്കിക്കളയരുത് എന്നുവച്ച പരിഹരി അതിന് യോഗ്യമായ രീതിയിൽ ഉപയോഗിക്കണം അതിൻ്റെ അന്നം പ്രാർത്ഥനയോടുകൂടി അത് കഴിക്കുന്നു അന്നം ഭക്തിയോടുകൂടി കഴിക്കുന്നു പ്രാർത്ഥനയോടുകൂടി സ്വീകരിക്കുന്നു ദുരിതം പൂർവസ്തുത്യർത്ഥം സ്തുതിക്കുന്നതിന് വേണ്ടി പറയുകയാണ് പ്രത്യേകിച്ചും ഈ അന്നത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുമ്പോൾ അന്നത്തിന് വളരെ ദൗർലഭ്യമുള്ള കാലത്തായിരുന്നു അന്ന് പോലെ പൂർവകാലങ്ങളിൽ അന്നത്തിന് കൂടുതൽ ദൗർലഭ്യമുണ്ടായിരുന്നു അന്നം തന്നെ അതുകൊണ്ട് അന്നത്തിന് അതിൻ്റെ ഭിക്ഷാടനം പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്നു അന്നത്തിനു വേണ്ടി ഭിക്ഷയായിരിക്കുക ലഭിക്കുന്നതിന് വളരെ ആദരപൂർവ്വം സ്വീകരിക്കുക വൈദികന്മാർക്കും മറ്റും ഭിക്ഷ ഒരു പ്രധാന ഉപജീവന മാർഗമായിരുന്നു അത് വേണ്ടിയുള്ള ഭിക്ഷ അതുകൊണ്ടാണ് ഭിക്ഷയ്ക്ക് പ്രാധാന്യമുള്ളത് അതിനൊരു കാരണം അന്നത്തിന്റെ ദൗർലഭ്യമായിരുന്നു തദ്വ്രതം അതിനെ ഒഴിവാക്കരുത് അന്നത്തെ സ്വീകരിക്കണം തഥൈവ ശുഭാശുഭകൽപ്പനയ പരിഗ്രഹ്യമാണ് സ്തുതം മഹീകൃതം അന്നം ശുഭ അശുഭകൽപ്പനകളിലൂടെ അതിനെ ഒഴിവാക്കിക്കഴിഞ്ഞാൽ അത് ദോഷം ചെയ്യും എന്ന് പറയും അപ്പരിഗ്രഹ്യമാണ് അതിനെ ഒഴിവാക്കുക അല്ലേ അന്നത്തിലുള്ള ഇഷ്ടവും ഇഷ്ടക്കേടും അന്നം തന്നെയാണ് ഇഷ്ടം വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ സ്വീകരിക്കും ഇഷ്ടക്കേട് എന്നു കഴിഞ്ഞാൽ നിന്ദിക്കും അന്നം അതും പാടില്ല എന്നാണ് കഴിക്കുന്ന ഭക്ഷണത്തിന് അവിടെ ഇഷ്ടക്കേട് വരുന്നത് അതിൻ്റെ ഗുണത്തിലോ മണത്തിലോ രുചിയിലോ ഒക്കെ വ്യത്യാസം വന്നു നിന്ദിക്കും ആ പരിഗ്രഹമാണോ അതിനെ ഒഴിവാക്കും അതന്നമാണ് കഴിക്കേണ്ടതാണെന്നറിഞ്ഞിട്ട് കൂടി അതിനെ ഒഴിവാക്കും അത് അന്നത്തിന് ദൗർലഭ്യമുള്ള കാലത്ത് അത് പാടില്ല അന്നത്തിന് സമൃദ്ധി ഉള്ളപ്പോഴും അത് പാടില്ല എന്ന് പറഞ്ഞ് അതിനെ സ്തുതിക്കുകയാണ് അതിന് ശുഭാശുഭകൽപ്പന വേണ്ട ഇത് സാധാരണ മനുഷ്യനോട് പറയും എൻ്റെ സാധകന്മാരോട് പറയുന്ന എതിർച്ചയായതു എല്ലാം വന്നു ചേർന്നത് യാദൃച്ഛമായി വന്നു ചേർന്നത് അതിന് നിന്ദ കൂടാതെ അതിനെ സ്വീകരിക്കുക അത് അധിക്കത്തക്കതാണെങ്കിൽ അതുകൊണ്ട് പക്ഷിക്കത്തക്കതാണെങ്കിൽ പക്ഷെ യോഗ്യമാണെങ്കിൽ അതിനെ നിന്ദിക്കരുത് ഗുണങ്ങളിൽ പോരായ്മ വന്നു എന്ന് വിചാരിച്ചതിനെ നിന്ദിക്കാതെ കഴിക്കുക എന്നും പറയാറില്ല അതാണ് ഇവിടെ പറഞ്ഞിരുന്ന പരിഹരേ ചിലര് കഴിക്കാതിരിക്കും നേരത്തെ ഇവിടെ കഴിക്കണം ഇനി പറയുന്നു കഴിക്കാതിരിക്കുക മാത്രമല്ല അതിനെ നന്ദിക്കുകയും ചെയ്യും അശുഭമാണ് അതൊന്നും പാടില്ല യഥോക്തം ഉത്തരീഷുക്ക് ആ പോവ അന്നം പഞ്ചഭൂതാത്മകമാണ് അപൂവ അന്നം അന്നമാണ് ജലം ജ്യോതിരന്നാദം ജ്യോതി അന്നത്തെ ഭക്ഷിക്കുന്നതൊക്കെ അറിയാം അഗ്നിയാണ് അന്നത്തെ ദഹിപ്പിക്കുന്നത് അപ്സ്യോതിപ്രതിഷ്ഠിതം ജലത്തിൽ അഗ്നി പ്രതിഷ്ഠിതമാണ് ജ്യോതിരാപ്രതിഷ്ഠിത ജ്യോതി ജലത്തിൽ പ്രതിഷ്ഠിതമാണ് തദ്ദേ അന്നമ അന്നേ പ്രതിഷ്ഠിതം ഇതിന്റെ എല്ലാം പരസ്പര ബന്ധത്തെ കാണിക്കുകയാണ് അന്നമെന്ന് പറയുന്നത് കേവലം പൃഥ്വി തത്വം മാത്രമല്ല ജലവും അഗ്നിയും കണ്ടാണോ ഇത് കൂടിക്കിടന്നാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് പാർത്ഥിവമായ അന്നം ജലീയമായ അന്നം ഉള്ളിച്ചെത്തുന്നു തൈജസ്വമായ അഗ്നി അതിനെ ദഹിപ്പിക്കുന്ന ഇത് പരസ്പരം ആശ്രയിച്ചിരിക്കുകയാണ് അന്നനിന്ദ അന്നത്തിന്റെ പരിഹാരം ഇതിനെല്ലാം ബാധിക്കും ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിക്കും അത് ദോഷമാണോ പ്രതിഷ്ഠിതം അന്നമേ പ്രതിഷ്ഠിതം യഥാദോതി മഹാൻ ഭൗതി പ്രജയാ പശുവിർ ബ്രഹ്മപരച്ച മഹാൻ കീർത്തി സാധാരണ ഭക്ഷണം കഴിക്കുന്നതിന്റെ നിയമം എന്നുള്ള മാത്ര ഇത് പറയുന്നു മറിച്ചതൊരു ഉപാസന എന്നുള്ളത് വൈദികമായ ഒരു ഉപാസനായിട്ട് ോടുള്ള ഒരു ഭാവന എന്നുള്ള നിലയിൽ പറയുന്നു ഉപാസന ഭാവനയാണ് അടുത്തു പറയുന്നു അന്നം ബഹുപുർവീത തദ്വ്രതം പൃഥിവി അന്നം ആകാശോ അന്നാഥ പൃഥിമാകാശപ്രതിഷ്ഠിത ആകാശ പൃഥ്വി പ്രതിഷിതമന്യേ പ്രതിഷിതം സേദനമന്യേ പ്രതിഷ്ഠിതം വേദ പ്രതി അന്നോ ഭദീ മഹാൻഭോതി പ്രജയാ പശുഫിർബ്രഹ്മവർച്ചസേന നേരത്തെ പറഞ്ഞു അന്നം പിന്നെ അതിൻ്റെ ഭക്ഷണം അത് ശരീരമായിട്ടുള്ള ബന്ധം ശരീരത്തിൽ അത് പ്രവർത്തിക്കുന്നത് അന്നത്തിലെന്തൊക്കെ ഉൾപ്പെടുന്നു ജലം പാർത്ഥിവം ജഡരാഗിനി അതിനെ ദഹിപ്പിക്കുന്നു ഈ പരസ്പര ബന്ധമുണ്ട് പറയുന്നു അന്നം ബഹുക്കുറവിയില്ല അന്നം ധാരാളം അന്നത്തെ സൃഷ്ടിക്കണം ധാരാളം അന്നത്തെ ഉണ്ടാകണം ആ ബഹുത്വം ആ മഹത്വം അത് ഇവിടെ കാണുന്നു ആകാശത്ത് കാണുന്നു തദ്വ്രതം പൃഥിവി അന്നം പൃഥിവി അന്നമായിട്ട് എടുക്കുക ആകാശം അന്നാഥ ആകാശം അന്നാദനാണ് ആകാശനും മഹാനാണ് അന്നവും മഹത്തായിരിക്കണം തമ്മിൽ പരസ്പര ബന്ധമുണ്ട് ഇത് പരസ്പരം ഇത് പറയുന്നത് എന്താണ് ഈ ശരീരം ഈ പഞ്ചഭൂതങ്ങളുടെ പരസ്പര ബന്ധം കൊണ്ട് നിലനിൽക്കുന്നത് ഈ പ്രപഞ്ചം ഈ വിരാട് അത് പരസ്പര ബന്ധത്തിൽ നിലനിൽക്കുന്നു അന്നം അത്താവായിരിക്കുന്നു ആകാശം അത്താവായിരിക്കുന്നു പൃഥ്വി അതിൻ്റെ അന്നമായിരിക്കുന്നു പരസ്പര അപേക്ഷിതമായി നിലനിൽക്കുന്നു ആകാശത്തിലല്ലേ ഈ പൃഥ്വി നിലനിൽക്കുന്നത് പൃഥ്വി എന്ന് പറയുന്ന ആകാശം വിട്ടാണോ പൃഥ്വിയിൽ ആകാശം നിലനിൽക്കുന്നില്ലേ പൃഥി ആകാശപ്രതിഷ്ഠിത പൃഥ്വിയിലതിഷ്ഠിതമാണ് ആകാശി പ്രതിഷ്ഠിത ഇങ്ങനെ പറയുമ്പോഴേ അത് ഉപാസനയാകും ഇങ്ങനെ ഭാവന ചെയ്യും ആ ഭക്ഷണം നല്ലവണ്ണം കഴിക്കണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മാത്രം അതൊരു പാസനയാകുന്നില്ല തതേതന്നം അന്യപ്രതിഷ്ഠിതം അന്നം സർവാത്മക അന്നത്തിന്റെ വിരാട് ഭാവം അതിനവൻ ഭാവിക്കുന്നു ഭാവന ചെയ്യുന്നു സയയതനം അന്നി പ്രതിഷ്ഠിതം മേദാ മിനുപാസികം അന്ന സർവമയമയിരിക്കുന്നു പ്രതിഷ്ഠതി അന്നവാൻ അന്നദോ ഭൂതി മഹാൻ ഭൂതി പ്രജയ പശിവ ബ്രഹ്മവർചസേന മഹാൻ കൃത്യ അപ്സജ്യോധൃതി അപ്ജോധി അപ്ജോദിഷോ അന്നന്നദ ഗുണക്തിനുപാസദസ്യ അന്യസ്യ ബഹുകർണം വതം തഥാപിയ ആകാശോപാസക അതുപോലെ തന്നെ പൃഥ്വി ആകാശോപാസകൻ ഈ പറഞ്ഞ രീതിയിൽ അന്നം ധാരാളം ഉണ്ടാകണം അന്നത്തെ ഉണ്ടാക്കുന്നതും അവൻ്റെ ജോലിയാണ് ഉപാസകനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷിക്കുന്നത് മാത്രമല്ല നല്ലവണ്ണം അന്നം ഭക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അധ്വാനിച്ച ഭക്ഷണം അന്നത്തെ സുഗമമായിട്ടിരുന്ന് താൻ ഭക്ഷിക്കണമെന്നല്ല എളുപ്പമുള്ള പണിയാണ് അന്നം ആരെങ്കിലും ഉണ്ടാക്കുക താൻ ഭക്ഷിക്കുക നമ്മളിഷ്ടപ്പെടുന്ന ഉപാസന അതാണ് അന്ന ഭക്ഷണം ഉപാസന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷം വരും ധാരാളം കഴിക്കുക നല്ലവണ്ണം കഴിക്കുക പക്ഷെ പറഞ്ഞതെന്നാണ് അത് ഉണ്ടാക്കി കഴിക്കണമെന്നാണ് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇവിടെ അധ്വാനം വേണ്ടിവരും വ്യക്തമായും പറയുന്നു അന്നം ബഹുപുർവീത ധാരാളം ഉണ്ടാക്കണം എന്നാണ് അത് അതും വേണമെങ്കിൽ സ്വീകരിക്കാൻ എന്താണ് പാചകമാണെങ്കിൽ അത് മാത്രമല്ല അന്നം പാചകം ചെയ്താൽ മാത്രം അന്നമാകത്തില്ല ഭൂമിയിൽ അധ്വാനിച്ചാലേ അന്നമാകത്തുള്ളൂ അപ്പൊ അവിടെ വേറെ തുടങ്ങുന്നു അന്നത്തെ ഉണ്ടാക്കണം പിന്നെ അതിനെ ഭക്ഷിക്കണം നിന്ദിക്കരുത് ഇത് എല്ലാം കൂടി ചേരുമ്പോഴാണ് ഉപാസനം ആയിത്തീരുന്നത് അല്ലാതെ ആരുടെയെങ്കിലും ഭക്ഷണത്തെ സുഖമായി കഴിച്ചു കഴിഞ്ഞാൽ അത് ഉപാസന ഇത് എല്ലാവർക്കും വേണ്ടി പറഞ്ഞിരിക്കുന്നത് പശു ബ്രഹ്മപുരച്ചസ് ധന സമ്പത്ത് അന്നത്തെ ഉണ്ടാക്കിയാൽ എല്ലാ സമ്പത്തും ഉണ്ടാവും കാരണം അന്നത്തെ ഉണ്ടാക്കുന്നതിന് വേണം അധ്വാനം എന്നാൽ സമ്പത്തും ഉണ്ടാവും ഇതും നമ്മള് മനസ്സിലാക്കണം ആ കാലത്ത് പറയുന്നതാണ് അന്ന് പശുവും അന്നവും അതിനൊക്കെ മാത്രം ആശ്രയിച്ച് മനുഷ്യൻ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ പറയും ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കരുത് പണിയെടുക്കണം നമുക്ക് തടസ്സമായിരിക്കുന്നു പണിക്ക് തടസ്സമായിരിക്കുന്നത് ബ്രഹ്മജ്ഞാനമാണ് ഇവിടെ പറയുന്നതല്ല അല്ലെങ്കിൽ ഉപാസനയാണ് ജ്ഞാനക്ക് പിന്നെ പണിയെടുക്കാം ഉപാസകനോട്ടം പറ്റത്തില്ല അവനെപ്പോഴും ധ്യാനിക്കണം അപ്പൊ എങ്ങനെ പണിയെടുക്കാൻ പറ്റും ആശ്രമത്തിൽ ഒന്ന് പണിയെടുക്കാനുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ പുറത്തെവിടെയെല്ലാം പണിക്ക് സ്ഥലമുണ്ട് ഇവിടെ പറയുന്ന അതല്ല ബഹുപ്രവീത എല്ലാം ധാരാളം ചെയ്യുക അത് നല്ലവണ്ണം രണ്ടും മുഖ്യമാണ് മഹാൻ ഭൂതി പ്രജയാ പശുവിർബ്രഹ്മവർച്ചസന മഹാൻ കീർ അതുമാത്രമല്ല കൃചക്ഷീത്രതം വിദ്യയാസ്മായാ കയാ ബഹുവരാധ്യസ്ഥോ അനം രാധം മധ്യതോ അസ്മാരാധ്യത്തെ എത അന്തോ അന്നാദ്ധും അന്തത്ത അസ്മാരാധ്യത്തെ വസതി നിമിത്തം കഞ്ചന ഗിഞ്ചി തവി എന്ന പ്രത്യാജിത വസത്യർത്ഥം ആഗതം ന നിവാരയെ ആരെങ്കിലും വീട്ടിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവരെ ഒഴിവാക്കാൻ ശ്രമിക്കരുത് അങ്ങനെ അന്നം കൊടുക്കേണ്ടി വരും എന്ന് കരുതി മരുന്നവരെ സ്ഥിരീകരിക്കുക അതുവരെ ഉപാസനയാണ് അപ്പൊ ഇത് ഒരു സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുകയാണ് പ്രത്യേകിച്ച് ഇവിടെ പിതാവ് പുത്തനെ ഉദ്ദേശിച്ച മുഖ്യമായും ഗ്രഹസ്ഥന് ഉദ്ദേശിച്ചത് പറയുന്നു തൻ്റെ വീട്ടിലേക്ക് വരുന്നവനെ ഒഴിവാക്കരുത് വാസത്തെ അവശ്യമൊക്കെ ആശനം ദാതപ്യം അങ്ങനെ വന്നു കഴിഞ്ഞ് അവനൊരാശ്രയം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവന് ഭക്ഷണം കൊടുക്കണം എടുത്തു പറയും തദ്വ്രതം തസ്മായാ കയാ ജ വിധയാ ജപ്രകാരണ ബഹുപന്നം പ്രാപ്തന്നഹം കുര്യാ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ അന്നം നല്ലവണ്ണം ഭക്ഷിക്കണം അന്നം ധാരാളം ഇതിലൊന്നും ചെയ്യാൻ ഒരാൾ തയ്യാറാവും പക്ഷെ പറയുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുകയും വേണം തനിക്ക് വേണ്ടി മാത്രമായിരിക്കരുത് ഉണ്ടാക്കരുത് പറഞ്ഞല്ലോ സേവയെ കുറിച്ചാണ് പറയുന്നത് മറ്റുള്ളവർക്ക് നൽകാൻ വേണ്ടി താൻ ഉണ്ടാക്കണം അല്ലാതെ തനിക്ക് ശാപ്പിടാൻ വേണ്ടി മാത്രമായിരിക്കരുത് യജ്ഞാർത്ഥാത് കർമ്മുകയും കർമ്മഗീതയിലേക്ക് ഇത് ചർച്ച ചെയ്തവരും കൊടുക്കാതെ ഭക്ഷിക്കുന്നു ഭാവിയാണ് അങ്ങോട്ട് ഇതും പറയുകയാണ് ഇതും ആധ്യാത്മിക സാധനയാണ് അന്നത്തെ ധാരകളുണ്ടാക്കുക തനിയെ ഭക്ഷിക്കുക അതല്ല മറ്റുള്ളവർക്കും കൊടുക്കുക സേവ അത് സാധനയാണ് അത് ഉപാസനയാണ് അതുകൊണ്ട് ഏനക്കേന പ്രകാരം എത്ര കഷ്ടപ്പെട്ടായാലും എന്ന് വെച്ചാൽ എത്ര അധ്വാനിച്ചാലും ശരി ബഹുവൻ നം പ്രാപ്തിവാ ധാരാളം അന്നത്തെ ഉണ്ടാക്കണം തനിക്ക് വേണ്ടിയല്ല അന്യനും കൂടെ വേണ്ടി നിന്നുള്ള അങ്ങനെയാണെങ്കിൽ ഒരാൾ വളരെ കഷ്ടപ്പെട്ട് എന്നുണ്ടാക്കുകയും വരുന്നവർക്കെല്ലാം കൊടുക്കുകയും ചെയ്യാനുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് പോയി ഭക്ഷിച്ചാൽ മതിയെന്ന സുഖമാണല്ലോ അങ്ങനെയല്ല പറയുന്നു അധ്വാനിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും കൊടുക്കാനും കുറച്ച് പേരും ഇത് ഭക്ഷിക്കാൻ വേണ്ടി മാത്രം കുറച്ച് പേരും അങ്ങനെയല്ല ഇതിലൊക്കെ അങ്ങനെ ആൾക്കാർ വിമർശിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത് അല്ലെങ്കിൽ ഒരുവൻ അങ്ങനെ അന്നാർത്ഥിയായി വരികയാണെങ്കിൽ ഒരുവിന്റെ കഷ്ടകാലം കൊണ്ട് അവൻ അന്നാർത്ഥിയാവുകയാണെങ്കിൽ അവന് വേണ്ടി ഉണ്ടാക്കണമെന്നാണ് ഒരു പക്ഷെ ഒരുവന് ഏതെങ്കിലും കാരണത്ത് വച്ചാൽ ബഹുകരണം അന്നത്തിന് സാധ്യമല്ലാതെ വന്നാൽ മറിച്ചാണെങ്കിലും ഒരുവന്റെ അടുത്തം എന്താണോ ആരെങ്കിലും ഉണ്ടാക്കുന്ന അന്നത്തെ ഭക്ഷിക്കുകയല്ല സ്വയം ഉണ്ടാക്കി ഭക്ഷിക്കുക പക്ഷെ ചിലപ്പോൾ അതിന് കഴിഞ്ഞില്ലെന്നു വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവൻ അന്നത്തെ ആഗ്രഹിച്ചാൽ അവന് കൊടുക്കണം ബഹുവന്നു ബഹുവന്ന സംഗ്രഹം ചെയ്യണം ഇനി ഈ സ്വാമിമാരൊക്കെ അങ്ങനെ ധരിക്കുന്നുണ്ട് എന്നുള്ള ഞാനത് പ്രത്യേകം പറഞ്ഞു ഏതാശ്രമത്തിൽ ചെന്നാലും വസതി വേണം എൻ്റെ താമസിക്കാ നല്ല ഭക്ഷണം എന്തുകൊണ്ട് ശ്രുതി പറഞ്ഞിട്ടുണ്ട് കഞ്ചന വസതു പ്രത്യേക ആകർഷിക്ക ആര് ആശ്രമത്തിൽ വന്നു നിഷേധിക്കാൻ പാടില്ല പിന്നെ മാത്രം എന്താണോ ഇവിടെ പറഞ്ഞ് നല്ല ഭക്ഷണം കൊടുക്കണം ഇതിങ്ങനെ ശ്രുതിയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എന്താ ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുകയാണ് എനിക്ക് താമസവും തരണം ഭക്ഷണം തരണം അപ്പോൾ കടന്നു വരാനും ഭക്ഷണം കഴിക്കാനും ശ്രുതി തന്നോട് പറഞ്ഞിരിക്കുന്നു നിന്നോട് പറഞ്ഞിരുന്നു ഇതൊക്കെ ഉണ്ടാക്കിത്തരാം ഇതുണ്ടാക്കുന്നതും കൊടുക്കുന്നതും എൻ്റെ ജോലിയല്ല അതൊക്കെ നിങ്ങളുടെ ജോലിയാണ് ശ്രുതി പറഞ്ഞിരിക്കുന്ന ഈ ഭാഗം മാത്രമേ ഞാൻ എനിക്ക് ബാധകളൂ എന്താണോ ആര് വന്നാലും ഭക്ഷണം കൊടുക്കണം അപ്പം വരിക ഭക്ഷണം കഴിക്കുക എൻ്റെ ജോലി ഇതൊക്കെ ഉണ്ടാക്കുക തരുക നിങ്ങളുടെ ജോലി അങ്ങനെ എന്താ പറയുന്നു ഉണ്ടാക്കാനും കൊടുക്കാനും കുറച്ച് പേര് വരാനും കഴിക്കാനും കുറച്ച് പേര് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള സന്യാസം അവരുടെ ജോലിയല്ല ഈ കറങ്ങുന്നവരുടെ ജോലിയല്ല ഇത് ഉണ്ടാക്കുകയും കൊടുക്കുകയും ചെയ്യും പോവുക കഴിക്കുക ഈ എന്തുകൊണ്ട് വേദം പറഞ്ഞിരിക്കുന്നു ഇതാണ് ഇതിന്റെ ദുർവ്യാഖ്യാനം ഇങ്ങനെ ദുർവ്യാഖ്യാനിച്ചിട്ടാണ് ഇന്ന് ഇതൊരവകാശമായിട്ട് ആൾക്കാരും നടക്കുന്നത് ഇവിടെ ചെന്നാലും താമസവും വേണം ഭക്ഷണം വേണം അങ്ങനെ ഇതെല്ലാവർക്കും വേണ്ടി പറയുകയാണ് ഉണ്ടാക്കുകയും കൊടുക്കുകയും ചെയ്യും അതാണ് എല്ലാവർക്കും കർത്തവ്യമായിരിക്കുന്നത് അങ്ങനെ വന്നാലും ചിലപ്പോൾ ആർക്കെങ്കിലും ഉണ്ടാക്കാനോ കൊടുക്കാനോ കഴിയാതെ വന്നാൽ അവനുണ്ടാക്കിയൊരു കൊടുക്കുക അത്ര പ്രത്യേകിച്ച് അവർ ആരുടെയും അവകാശം അങ്ങനെ പ്രത്യേകിച്ച് ആർക്കും ഒരു ഇങ്ങനെ വരുന്നവരോട് ഉണ്ടാക്കി കഴിക്കാൻ അപ്പൊ മനസ്സിലാകുക എന്റെ ബുദ്ധിമുട്ടെന്താണോ ഉണ്ടാക്കുന്നത് തന്നെ കഴിക്കുന്നതിന് ബുദ്ധിമുട്ടെന്താണ് എന്ന് മനസ്സിലാവും ഏനൊക്കെ ഏനച്ച പ്രകാരണം ബഹുവന്നം പ്രാപ്തി ബഹുവന്ന സംഗ്രഹം കുര്യാ അതുകൊണ്ട് ഇത് വേണ്ടിയതാണ് അതുകൊണ്ട് ധാരാളം അന്നത്തെ ഉണ്ടാക്കണം മറ്റുള്ളവർക്ക് കൊടുക്കണം അപ്പോൾ ഇത് പറയുന്നത് എന്താണോ മറ്റുള്ളവരെ സേവിക്കുന്ന കാര്യം പറയുകയാണ് അന്നം പറയുന്നത് ഉദാഹരണമാണ് യസ്മാന്നവന്തംസ അഭ്യാഗത സംസിദ്ധം അസ്മൈ അന്നമിത്യാജത്തെ പ്രത്യാഖ്യാനം കുതി പറയുന്നു പാത്രം പറഞ്ഞ് ദാനം ചെയ്യാവൂ മനുഷ്യന്റെ അലസത ദുർഗുണങ്ങൾ വളർത്താൻ വേണ്ടിയിട്ട് ദാനം ചെയ്യരുത് അതുപോലെ ഓ ഇതെല്ലാം ഉണ്ടാക്കുന്നവൻ അന്റബന്ധ വിദ്വാംസഹ വിവേകി അങ്ങനെ വരുന്നു അഭ്യാഗത അന്നാർത്ഥിനെ അന്നാർത്ഥി അന്നം അർത്ഥിക്കുന്നവനാണ് ഇവൻ യോഗ്യനാണ് അവനോടൊള്ളം ആരാധി സംസിദ്ധം അസ്മി അന്നം ഇത്യാചെയും കൂ ഭക്ഷണം റെഡിയായി കഴിച്ചിട്ട് പോകാം എന്ന് തന്നെ പറയുന്നത് എന്ന നാശീതി പ്രത്യാഖ്യാനും അവർ വന്തി ഇല്ല ഇവിടെ ഭക്ഷണം മൂലം കടന്നുപോകുന്നു പറയുന്നില്ല ഗൃഹസ്ഥന്റെ ധർമ്മത്തെക്കുറിച്ച് പറയണം അങ്ങനെ ഒരുവൻ അന്നാർത്ഥിയായി വന്നുകഴിഞ്ഞാൽ ചൂഷണത്തിന് വേണ്ടി അവരെ അവനോട് ഇല്ല എന്ന് പറയത്തില്ല അവൻ അർഹിക്കുന്നവന് അത് കൊടുക്കണം തസ്മാഹേതോ ബഹുവന്നം പ്രാപ്തി അതിരി പൂർവീണ സംബന്ധം അതുകൊണ്ടവന് നഷ്ടമൊന്നും വരത്തില്ല വിവേചനമില്ലാതെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നഷ്ടം മറിച്ചാണെങ്കിലോ അതുകൊണ്ട് തന്നെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ വന്നുചേരും തസ്മേതു ബഹുന്നുവാദ അവൻ സന്തോഷത്തോടു കൂടി നൽകിയാൽ അവനൊരു ധാരാളം വന്നുചേരും ഇതൊക്കെ പ്രായോഗികമായി പ്രായോഗിക ബുദ്ധി ചെയ്യേണ്ട കാര്യങ്ങളാണ് എഴുതിവെച്ചിരിക്കുന്ന അർത്ഥം മനസ്സിലാക്കി മനസ്സിലാക്കാതെ അതിൻ്റെ മനസ്സിലാക്കാതെ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ദോഷമായിട്ടും വരും കുറെ ഭക്ഷണം ഉണ്ടാക്കി ആൾക്കാർക്ക് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാരൊന്നും ഭക്ഷണം ഉണ്ടാക്കാതിരിക്കും ബാക്കിയുള്ളത് വെറുതെ അല്ലേ താൻ അങ്ങനെ വരുന്നു അതല്ല ഉദ്ദേശിക്കുന്നു അത് കൊടുക്കുന്നത് അന്നം നല്ല മനസ്സോടെ ആയിരിക്കണം പൂർണ്ണ മനസ്സോടെ ആയിരിക്കണം അതാണ് സംസിദ്ധ അസ്മിയ അന്നം അലക്ഷണി എന്നോട് പറയുന്നു ഭക്ഷണം റെഡിയായിരിക്കും അപ്പൊ യാതൊരു ഇതുമില്ല എന്തുകൊണ്ട് മനസ്സിലാകുന്നു അവന് അർഹനാണ് അവന് കൊടുക്കണം സാധുസേവയും മറ്റും എഴുതിപ്പെടും സ്മ സഹേതോർ ബഹുപന്നം പ്രാപ്നാ അത് ഒരു ഉപാസനയാണ് പറഞ്ഞല്ലോ ഉപാസന എന്ന് പറയുന്നത് എന്താണോ അർത്ഥം മനസ്സിലാക്കി സ്വാധ്യായും പിന്നെ ജീവിതത്തിൽ അത് അനുസ്മരിക്കുക അനുഷ്ഠിക്കുക എല്ലാം ചേരുമ്പോഴാണ് അത് ഉപാസന അതിനു വേണ്ടിയിട്ടാണ് അത് പറയുന്നത് അല്ലാതെ വേദം പഠിക്കുമ്പോൾ മാത്രം മനസ്സിലാക്കാനുണ്ട് ഉപാസനത് മാത്രമല്ല ഇത് രണ്ടു തരത്തിലുണ്ട് ഉപാസന ഒന്ന് കർമ്മഭാഗത്തോട് ചേർന്ന ഒരു ഉപാസന കേവലം കർമ്മത്തിന്റെ ഭാഗവുമായി മാത്രം അനുഷ്ഠിക്കേണ്ടത് മറ്റൊരു തരത്തിലുള്ള ഉപാസകളുണ്ട് എന്താണ് ഈ ജ്ഞാനഭാഗത്തോട് ചേർന്ന ഉപാസന ഇവിടെ പ്രത്യേകിച്ച് കർമ്മം ചെയ്യുമ്പോൾ അനുഷ്ഠിക്കേണ്ടത് എല്ലാ ജീവിതത്തിൽ മൊത്തം അനുഷ്ഠിക്കേണ്ടത് അഭിച്ച അന്നദാന മഹാത്മ്യച്ഛതി അങ്ങനെ അന്നദാനം അന്നം പൂർണ്ണ മനസ്സാല് യോഗ്യനായ ഒരുവന് നൽകുക അതാണ് അന്നദാനം അതിന്റെ മഹാത്മ്യം പറയുന്നു യഥാ യുക്കാലം പ്രയച്ചതി അന്നം തഥാ തത്കാലമേവ്യുപ്പന്നമതെ പ്രാപ്നോതി അന്നദാനത്തിന്റെ ഫലം തത്കാലം തന്നെ ഉണ്ടാവും പിന്നീടല്ല അവൻ എത്ര കൊടുക്കുന്നു അത്രയും അവന് കിട്ടുന്നു പറഞ്ഞല്ലോ ബഹു കരണം അധ്വാനിച്ചാണെങ്കിൽ അവൻ അധ്വാനിക്കുന്നു അവന് കൂടുതൽ അന്നം ഉണ്ടാകുന്നു അവൻ സത്പാത്രത്തിൽ കൊടുക്കുന്നുണ്ട് അവന് നാശം ഉണ്ടാകുന്നില്ല വിവേചനമില്ലാതെ കൊടുത്തു നാശം പറയുമല്ലോ അന്നദാനം നടത്തി ഒരാൾ നശിച്ചുപോകുന്നു അങ്ങനെ നശിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ വിവേചനം ഇല്ലാതെ അങ്ങനെ എന്തും വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങാൻ ആൾക്കാരുണ്ടാവും കൊടുക്കുന്നു നശിക്കുകയും ചെയ്യും അതെല്ലാം കൂടെ ഉദ്ദേശിക്കുന്നു അറിഞ്ഞു നൽകുക യോഗ്യമായ രീതിയിൽ നൽകുക അതിനവന് ഫലമുണ്ടാകുന്നു അന്നവൃദ്ധി അതുണ്ടാകുന്നു എങ്ങനെയാണ് ഫലം ഉണ്ടാകുന്നതെന്ന് അടുത്ത് പറയുന്നത് എന്താണ് കഥമിതി തദ്ദാ യോയേ വയസി പൂജ പുരസരം അഭ്യഗതായ അതിനിധം സംസിദ്ധം പ്രയച്ചീതിശേഷ ദശകം സെ മു വയസി അന്നാ അധ്യത്തെ യഥാത്തോതി മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നു ഒന്ന് പ്രഥമാവസ്ഥ രണ്ട് മധ്യമാവസ്ഥ മൂന്ന് അന്തിമാവസ്ഥ പിന്നെ മൂന്ന് തരത്തിലുള്ള ആചരണത്തെ പറയുന്നു ഒന്ന് മുഖ്യവൃത്തി ഒന്ന് മധ്യമ ഒന്ന് അഥമ പറയുന്നു പ്രഥമേ വയസി പ്രഥമാവസ്ഥയെക്കുറിച്ച് പറയുന്നു ഇവിടെ പറഞ്ഞെന്താണോ മുഖത്തോ വസ്മി മദ്യമോ അന്ന് മുഖ്യവൃത്തി എന്ന് പറയുമ്പോൾ ചെയ്യും പൂർണ്ണ മനസ്സോടുകൂടി ചെയ്യും പൂർണ്ണ സന്തോഷത്തോടു കൂടിയ അവൻ കൊടുത്തു കഴിഞ്ഞാൽ അന്നം തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അപ്പോൾ തന്നെ അവന് ധനം ഉണ്ടാകുന്നു പിന്നെ അവന്റെ അവസ്ഥയിൽ അവന്റെ ജീവിതത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പറയും അവന്റെ പ്രഥമ വയസ്സിലാണ് അവൻ അന്നമൊക്കെ സമ്പാദിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ അന്നം നൽകാനും തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ അപ്പോൾ തന്നെ ധാരാളം അന്നം ഉണ്ടാവുന്നു ഇതിന് കുറച്ച് മുമ്പോട്ട് പോയി കുറെ ഒക്കെ സമ്പാദിച്ച് വച്ചതിന് ശേഷം കൊടുക്കാൻ തുടങ്ങി അല്ല അപ്പോൾ അവനുണ്ടാവും ഇനി അവസാനം അന്നമൊക്കെ ക്ഷയിക്കാൻ തുടങ്ങി അവൻ കൊടുക്കുന്നു അപ്പോ അതിന്റെ ഫലം ഉണ്ടാവും അവസ്ഥക്കനുസരിക്കും കൊടുക്കുന്നതിന് വ്യത്യാസം വരും സമ്പാദിച്ചതിന് ശേഷം കൊടുക്കുക ക്ഷയിക്കുമ്പോൾ കൊടുക്കുക ഇല്ലാതാകുമ്പോൾ കൊടുക്കുക എത്ര പേർക്ക് എങ്ങനെയാണ് ദാനം വരുന്ന സ്വയം നശിക്കുമ്പോഴാണ് ഉള്ളപ്പോൾ കൊടുക്കത്തില്ല പിന്നെ പൂജാപുരസരം കൊടുക്കുക പൂർവ്വ വയസ്സിൽ മുഖ്യാവാ വൃത്തിയ അസ്മൈ അന്നദായ അന്നം രാധ്യത യഥാ ദിവ എങ്ങനെ കൊടുക്കുന്നു അതുപോലെ വരും മധ്യമേ വയസ് മധ്യമേന ഉപചാരണ വന്ന് അതുകൊണ്ട് കൊടുക്കുന്നു വലിയ പൂജയും ബഹുമാനവും ഒന്നുമില്ല എന്തായാലും വീട്ടിൽ കയറി വന്നു ഒരാളല്ലേ കൊടുത്തേക്കാം ഇല്ല എന്ന് പറയണ്ട അങ്ങനെ ഇനി അന്തത്വം അന്ത്യേ വയസ്സിൽ ജഘന്യനോപചാരീണ പരിഭവീന തിരസ്കരിച്ചുകൊണ്ട് ശല്യം വന്നു കയറി അധ്യതയെ സംസാ അങ്ങനെ കൊടുത്താ ഫലമുണ്ട് എന്നാ പറയുന്നത് കൊടുക്കുന്നതിന് ഫലമുണ്ട് അറിഞ്ഞു കൊടുക്കണം അത് പൂജാപരിസരം കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഫലം മധ്യമ വൃത്തിയിലാണെങ്കിൽ അതിൻ്റെ ഫലം അധമ വൃത്തിയിലാണെങ്കിലും ഫലമുണ്ടാകും ആ ഫലത്തിൽ കുറച്ച് ദോഷവും വരും ദൈവം മേത ഇങ്ങനെ ആരാണോ പാസിക്കുന്നത് ജീവിതം തന്നെ ഇതൊരു പാസനയായി മാറ്റുന്നത് അന്യസ് യഥൂക്തം മഹാത്മ്യം മേത അന്നസ്യ മഹാത്മ്യ അങ്ങനെ അറിയുന്നു തദ്ദാനസ്യ ദുക്തം ഫലം ഉപനയെ അവന് ആ അന്നദാനത്തിന് ഈ പറഞ്ഞ ഫലങ്ങളെല്ലാം ഉണ്ടാവും അതാണ് അന്നദാനത്തിന്റെ ഫലം പറയുന്നു പറയുന്നു അന്ന അന്നദാനം വരെ ഒരു അന്നത്തെ ഉണ്ടാക്കുന്നത് അന്നോപാസനയാണ് അന്നത്തെ ഭക്ഷിക്കുന്നതും അന്നോപാസനയാണ് മൂന്നുകാര്യം ഉണ്ടാക്കുക താൻ ഭക്ഷിക്കുക മറ്റുള്ളവർക്ക് കൊടുക്കുക ഇതെല്ലാം ഉപാസനയാണ് മനുഷ്യൻ കൂടുതലും അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് അന്നത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ സമയം ചെലവാക്കുന്നത് കൂടുതൽ പണിയെടുക്കുന്നു ഭക്ഷണം അതുമായി ബന്ധപ്പെട്ട കാര്യം വളരെ സമയം അധ്വാനിച്ചിട്ട് ഒരല്പസമയം ചെലവഴിക്കുന്നു അതിനനുഭവിക്കുന്നതിനും ഭക്ഷിക്കുന്നതിന് വേണ്ടി അതിനും കുറച്ച് സമയം ചിലവാക്കുന്നു അത് കൊടുക്കുന്നതിന് ഇത്രയായി കഴിഞ്ഞാൽ എന്തായി ജീവിതം പൂർണ്ണമായി അത് ഈ ഭാഗത്ത് ശ്രുതി വിശദീകരിച്ച ഭാവനയോടുകൂടി വന്നാൽ അത് ഉപാസനയാണ് ജീവിതം തന്നെ ഒരുപാസന ഇനിയും ഈ ഉപാസന എന്താണ് ബ്രഹ്മോപാസന പറഞ്ഞ അണ്ണം വിരാട്ടാണ് ഇത് ബ്രഹ്മോപാസനാണ് ഇതാനും ബ്രഹ്മണ ഉപാസന പ്രകാരം ഇച്ചിരി ഇനി മറ്റൊരു തരത്തിലും ബ്രഹ്മോപാസനയെ കുറിച്ച് പറയുന്നു ജയവം േമ യോഗേമയോ കർമ്മരിഹസ്തയോയോ വിമുക്തിരി പയോഷി സമാജ തൃപ്തിരി വൃഷ്ടി ഏഷ്ട പശുസു ജ്യോതിനക്ഷത്രു പ്രചാദി അമൃതം അനന്ദുപേർമയാശേതിഷാതിന്മഹുപാസീത മഹാൻ തന്മനുപാസീത മനവാൻ ുപീത നമ്യന്തിന്റെ അസ്മ കാേപാസീത ബ്രഹ്മവാൻ തദ്മരസ പരിയേണ മിന്തിഷന്തേ പ്രി ഭത സ ഇഷ്ടം ഋഷി സ ഇഷ്ടുവാദിത്യേ സേകന്ദോത് പ്രീത ഏദമന്നമയയുമാത്മാനുപ്രമ്യ ഏദം പ്രാണമയമാത്മാനുപ്രമ്യ ഏതുമനോമയമാത്മാനുപ്രമ്യ യമാ്രമ്യാന്ദമയമാനുപ്രമ്യമാസഞ്ചരൻ എന്താമഗായ <coughs> അത് കുളുദമാണ് നാണിക്കാതെങ്ങനിച്ച അഹം അന്നം അഹമന്നം അഹമന്ന അഹമന്നാദോ അഹമന്നാദോ അഹമന്നാദ അഹം ശ്ലോകകൃത് അഹം ശ്ലോകകൃത് അഹം ശ്ലോകകൃത് അഹമസ്മീ അഹം പ്രഥമജ ൃത അസ്യേഭ്യോ അമൃതീ വ്യോമാദത്ത സേവമാ ആ അഹമന്നീ അഹം വിശ്വം ഭുവനം അഭ്യഭവാം സുർണ്യോതിയേദ സഹന സഹ നോ ഭ സഹ വീര്യം കരവാമഹേ തേജസ്വിനധീതമസ്തു മാ വിദ്യുഷാവഹം സന്ധി സന്ധി സന്ധി